ം നാടുതോറും നാടു നല്ലദേശം ഈ ഭുവനം തന്നിലെ പിറന്നൊരു കുറത്തെ വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോരൂ തൻ ഭക്തനായ നാൽക്കൂരവൻ വീട്ടുകൊണ്ടവഴ പട്ടണത്തിൽ വാഴുന്നൊരു കാലം ഏകച്ചക്കനിന്നങ്ങൊരു ബാലനും തീരന്നു അന്നൊരു നാൾ അക്കുറവൻ അക്കുരത്തി തന്നെ മെല്ലവേ വിളിച്ചരിയിൽ ചേർത്ത് കൊണ്ട് ചൊല്ലി